അപ്പൊ നമ്മെന്താ ചർച്ച ചെയ്തത് ഇൽമ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇൽമുൽ മുഖാഷഫ മറ്റൊന്ന് ഇൽമുൽ മൊഹാമല മുസാഹരന്റെ ഇൽമെന്ന് പറഞ്ഞാൽ അത് അറിയൽ എന്നതില്ലാണ്ട് അതിനെക്കൊണ്ട് അമരൊന്നും നടക്കൂല ആകാശമോമിന്റെ രഹസ്യങ്ങൾ അള്ളാഹുബിന്റെ സിഫാത്തുകളെ കുറിച്ചിട്ട് അറിയൽ അമ്പ്യാ മുറിച്ച് പല വിലത്തിന്റെ വായന എന്താന്ന് അവലിയാക്കളെ കുറിച്ച് ഇങ്ങനെയുള്ള ഓരോ മരവുമാത്രം ഇവിടെ എന്തെല്ലാം മനുഷ്യനിക്ക് സ്വയം അത് ഒരു കിതാബിൽ കൂടി കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസം അർപ്പിച്ച പല കാര്യങ്ങൾ അതിനെ യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു തീർത്തലാണ് ഇൽമുൽ മൊഹാമല എന്ന് പറഞ്ഞ എന്താ അഥവാ അമ്മൽ മൊഹാമലയാണ് കൽബിന്റെ അഹവാലുകളെ കുറിച്ചുള്ള ഇൽമുൽ മൊഹാമല കൽബിന്റെ അഹവാലിൽ എന്തൊക്കെയുണ്ട് മഹമും അതുകൊണ്ട് മതമൂവും മധമോമെന്ന് പറഞ്ഞാൽ പാടില്ലാത്തത് അത് വർദ്ധിക്കണം എന്നിട്ട് അതിന് മാറ്റം വെക്കണം മഹമ്മൂദ് എന്ന് പറഞ്ഞാൽ നീങ്ങിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇത് രണ്ടും വേർതിരിച്ചറിയുക എന്നിട്ടോ മധമോമിനെ നീക്കം ചെയ്തിട്ട് മഹമൂദിനെ കൊണ്ടുവരാനുള്ള പരിപാടി എന്താണ് എന്നുള്ള കാര്യമാണ് എന്തിലുണ്ടാകല് മഹാമലയിലുണ്ടാകല് അത് പറയാം അമ്മ മായുഹമ്മദ് മിൻഹ അഹ്മാൽ കൽബിൽ നിന്ന് മഹമൂദായ കാര്യങ്ങളുണ്ട് عليه بالصبر والشكر والوقي والرجاء والذل والذل والتقوى والقناعه والصحايه ومعرفه المنن لله تعالى في جميع الاحوال والاحتساب وحسن المنني وحسن الخلق وحسن المعاشره والصدق والاخلاص تمام كويس والله صبر 2 شكر മൂന്ന് ഹൌസ് നാല് ബജാദ് അഞ്ച് ജില്ല ഇതൊക്കെ നാലാം രീതിയിൽ എല്ലാം വിശദമായ നാലാം തീയതിയിൽ ചർച്ച ചെയ്യും പക്ഷെ അതിന് പത്തേ പറയുള്ളൂ എന്ന് മാത്രം അച്ചടിയായ പത്ത് പറയും ബാക്കി കൊണ്ട് വരും പിന്നെ സുഹൃദ് കപ്പുവ കനാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടലും അതുകൊണ്ട് മതി അതിന്റെ കൂടുതലും വേണ്ടത് ജില്ലേനെ കൊണ്ട് ഉറപ്പിക്കില്ല എന്താ കനാഴ്ച കനാൽ തന്നെ കുറെ കാലം നമ്മളെ കണ്ണൂർ ചർച്ച സഹ എന്ന് പറഞ്ഞാൽ ആ സ്വന്തം കാലം നിർത്തിവെച്ചുകൊണ്ടും വേറൊരാളെ കാര്യത്തിന് ഉണ്ടാക്കുക അവതാരം ചെയ്യും പിന്നെ ഏതൊരു കാര്യങ്ങളിലും അന്നാഹുത്താല ചരിത മിന്നത്താണ് എന്ന് കാണാൻ നമ്മുടെ സ്വന്തം മക അല്ലെങ്കിൽ എല്ലാം അന്നാഹുചൈതന്ന മിന്നത്താണ് എന്നുള്ള ആ കാഴ്ചപ്പാടാണ് അത് ഉണ്ടാക്കുക അതുപോലെ ഗിസാനത്ത് എന്ന് ആളുകൾക്ക് ഉപകാരം ചെയ്തത് പ്രഷറുണ്ടൻ നല്ലത് വിചാരിക്കൽ നല്ല സ്വഭാവങ്ങൾ നല്ല പെരുമാറ്റങ്ങൾ പിന്നെ സ്ഥിതിക്ക് ഇഖലാസ് ഇതിലൊക്കെ എത്ര എണ്ണി സബ്രദ് തനാത്ത് ഷഹാദ് പതിനാറിൻ്റെ എണ്ണി അതിന് പത്താം തി നാലാം തിൽ ഏതൊക്കെ എണ്ണു സിദക്ക് ഇഹ്ലാഖണ്ണമുണ്ട് സബ്രദ് ശുക് സൗബർ റജാ രീത എണ്ണമുണ്ട് ദുഹു എണ്ണമുണ്ട് കനാക്ക് എണ്ണമുണ്ട് പിന്നെ സൗബണ്ണു അതൊന്നും ഇവിടെ പണ്ടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഏതാ മഹമൂദാണ് ഇവിടെന്താണ് മഴത്തു ഹെക്കായിക്ക് ഹാവിൽ നെഹ്വാൻ ഈ പറയപ്പെട്ട അഹ്വാലുകൾക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് അറിയേണ്ടല്ലോ അതെന്താണ് കതുർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു ഒരു സനിമയുണ്ടല്ലോ അത് ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അതെ തനിമ ഉണ്ടാടുള്ളത് പോലത്തെ ഹൃദോദിക ഈ അഹബുകളെ സംബന്ധിച്ചുള്ള നിർവചനം അതിന്റെ ഹദ് അതുപോലെ ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഈ അഹമാലുകൾ നമുക്ക് കിട്ടും സമ്പാദിച്ചെടുക്കാം അത് എന്തൊക്കെയാൽ നമുക്ക് ചെയ്യണം പിന്നെ വമറ ഈ സബർ മസലൻ അല്ലെങ്കിൽ ഷുക്ർ ഉണ്ടായാൽ നമുക്ക് എന്താണ് നേട്ടമുണ്ടാവുക നോക്കാം അലാമത്തുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്ത് ഇതിനകത്ത് സബുറുണ്ട് അല്ലെങ്കിൽ ശുക്ർ ഉണ്ട് ഇഹ്ലാസ് ഉണ്ട് എന്നതിന്റെ അലാമത്ത് എന്താണ് മഹാലജത്തു മാർഭമിന്ഹ ഈ പറയപ്പെട്ട അഹ്വാളികളിൽ നിന്ന് വൈഫായി പോയ സംഗതി ഉണ്ടാവും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നത് നാം ഹത്തായിക്കുവാ ചക്തി കൂട്ടാൻ വേണ്ടി എന്ത് ചികിത്സ ചെയ്യണം അതിനൊന്ന് ചക്രിയെ വീണ്ടെടുക്കാൻ എന്താ ഇതിൽ നിന്ന് നീങ്ങിപ്പോയത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം മാതാഴാന ഹട്ടോ ഹട്ടുദ ഇതെല്ലാം എന്തിൽപ്പെട്ടതാണ് എന്തിനിൽ ആശ്രയിപ്പെട്ട കാര്യങ്ങളാണ് ഇനി വാമാ മതമുമായ കാര്യങ്ങളുണ്ട് അതെക്കത്ത് സഹ്യത്തിനും വന്നു പോകുന്നു ഹുൽഫ് അതാണ് ഇപ്പറ്റം വരുന്നത് എന്റെ അടുത്ത് വേറൊരാൾ പോലിയൊക്കെ എന്റെ അടുത്ത് വേറൊരു കോരി കൊണ്ടുപോയേക്കോ എന്നൊരു കോടിയതാണ് കഥറാക്കിയ കാര്യം എന്താ അങ്ങനെയാണ് മക്ദൂർ എന്ന് പറയുന്നത് ആ മക്തൂറിനോട് ഇവനിക്കൊരനിഷ്ടം അതിലെന്താ അങ്ങനെ തീരുമാനിച്ച ഇങ്ങനല്ലേ ആക്കേണ്ടി വരും എനിക്ക് വേണ്ടത് ഇങ്ങനെയല്ലേ അതിനോടൊരനിഷ്ടം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ പോലും മറ്റേതാ മറ്റുള്ളവരോട് എന്തോരൊരു ഒരു ചീത്തയായ ഒരു മനസ്സിൽ വെച്ച് പുലർത്തലും മനസേന മാഫിൻ എല്ലിന്നല്ലേ പറഞ്ഞത് എല്ലിനെ നീക്കി എന്ന് പറഞ്ഞത് സർവ്വാസികളില്ല ഹെക്കത് എന്ന് പറഞ്ഞ പ്രതികാര ബുദ്ധി ഹെട്ടത് പിന്നെ എല്ലാവർക്കും അറിയാല ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മായം ചേർക്കലും തനിമയില്ല അതായത് ഇത് സാധനം കൊടുക്കുന്നതിലല്ല കൽവിന്റെ അഹബാറല്ലേ പറയുന്നത് അപ്പൊ ഓനിക്ക് നല്ലത് കിട്ടാൻ പാടില്ല അപ്പൊ നുസഹിന്റെ വിജയി അതിനെന്തെങ്കിലും മാനിജേഴ്സിന് വന്നു കൊടുക്കാൻ ഞാൻ കൊടുക്കലാട്ടെ നോക്കലേ ഫഷനെ നിസ്സഹിന് എതിരാകും തലമ്പലൊഴ് എവിടെ പോയാലും എനിക്ക് ഉന്നതി കിട്ടണം എനിക്ക് പരിചയാടാകും എവിടെയൊരു തപാക വെച്ചില്ല സബ്ബ് സ്ഥനാൽ ആളുകളൊക്കെ അവനെ മതങ്ങ ചെയ്ത് പോഴ്ത്തി പറയണം ഹൊബ് തോതിൽ ബക്കായി പിഞ്ഞ ദുഞ്ഞ അവർ കുറെ അധിക കാലം ജീവിക്കണോന്ന് നമുക്കിത് ആവശ്യം ഇല്ലേ പക്ഷെ ഈ തമത്വം തുന്നാർന്നുകൊണ്ട് കുറിച്ച് എടുക്കാൻ വേണ്ടീട്ടു അതല്ലാണ്ട് ഒരാധികം ഒരു മണിക്കൂർ അധികം ജീവിച്ചു പറ്റിയ ആക്കിരല്ലാന്നുള്ള നിനക്കാണ് ഞാൻ പ്രശ്നമല്ല തമത്വയിൽ നിന്ന് ഓടിച്ചു അതല്ല കിബിറ് അനഫത്ത് അനഫത്തിന്റെ അർത്ഥം നമുക്ക് നോക്കണ്ടേ ഇതാണ് അനഫത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇക്കം പറഞ്ഞ അടൽ ബാസ് മാത്തിനായ കാര്യങ്ങളമ്മേൽ മുഖം കുത്തിവുക അതുപോലെ ബഹുവിഭാഗത്തന്നെയാണ് റബ്ദുൽ ഹക്ക് അതായത് ഒരു ഹക്ക് പറഞ്ഞു വച്ചാൽ അയാൾക്ക് കുടിവീടുക അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാൻ തെറ്റി തീറ്റീട്ടി യഥാർത്ഥ ഇങ്ങനെയാണ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് തുടങ്ങും അതിന് വേഗം ചെയ്തതുടങ്ങിയ അയസം ഇല്ല നീ ശരി പറഞ്ഞാണെന്നല്ലോ എന്നുള്ളതല്ല അതിനോട് എനിക്കെതിര് ഫോനാര പറയാനോ ഉപേക്ഷിക്കാനി അപ്പൊ ചുരുക്കത്തിൽ ഒരു കിബിരന്റെ ഒരു വകുപ്പാണത് അതിന്റെ ഒരു ഗുരുതന പ്രകടനം പിന്നെ അതാപത്ത് ശത്രുത ബഹ്ള എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള വെറുപ്പ് തമഹ എന്ന് പറഞ്ഞാൽ ദുരാഗ്രഹം ബഹുറ എല്ലാവർക്കും അറിയാലോ വിശ്വത്ത് ബദഹ അറിയേണ്ടത് ബദഹ എന്ന് പറഞ്ഞാൽ അത് കിബിറോ ജബനൻ ബാധിഫൻ എന്ന് പറഞ്ഞെന്താ ഈ ഉന്നതമായ പർവതം തല നേർത്തിനു പർവ്വതമുണ്ടല്ലോ അപ്പൊ ഇവൻ ഞങ്ങളുടെ ഈ വലിയ ആളായിട്ട് ഇങ്ങനെ ഒരൈസം കൊണ്ടോ ഒച്ച കൊണ്ടോ എല്ലാം കൂടെ കീഴടക്കുന്ന ആളായിട്ടും ഇല്ല അത് അബാധിയാണ് എന്ന് പറഞ്ഞാൽ ബറി ഭത്തത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിയമത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ നിയമത്തിനെ കൊണ്ടുണ്ടാക്കും പൊങ്ങച്ചും കാട്ടിയെടുക്കാം എന്റെ ചിന്നത് ഉണ്ടായിട്ട് ഇത്ര ആളുണ്ട് നിങ്ങൾക്ക് എന്താവില്ല നമുക്ക് ആൾക്കൂട്ടി ഇത്ര ഉണ്ട് ലക്ഷൻ ലക്ഷം നമ്മുടെ പിന്നാലെ താലീമൽ അഗനിയാൽ പണക്കാരോട് പ്രത്യേക പോകുന്നത് സാധുക്കള ഒരു നിസ്സാരം അതാണെങ്കിൽ സാധുക്കളെ കൊണ്ട് നിസ്സാരം വൽ ഫസർ ഫസർ കാട്ടൻ എന്നെ കനാപ്പുസെന്ന് പറഞ്ഞാൽ എന്നെ മറികടക്കാൻ ഒരാൾ പാടില്ല ഞാനേ മറികടക്കാൻ പാടില്ല ഒരാളെ വണ്ടി അവർട്ടേക്ക് ചെയ്താൽ മറ്റവരുടെ ദൃശ്യം അല്ല അവർക്ക് ഞാൻ ഒരാപ്പ് ഞാൻ ഞാൻ മുൻപറുന്നില്ലേ മുബാഹത്ത് മുബാഹത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇവനിക്കുള്ള കാര്യങ്ങൾ പ്രകടമാക്കിയിട്ട് മറ്റൊരാളെ ഇവർ ഇഷ്ടപ്പെടുത്തുന്ന സംഭാവം ഇഷ്ടിഖ് ബാർ അനിൽ ഹക്ക് ഹക്കിനെപ്പറ്റുള്ള കിബി പ്രകടിപ്പിക്കാൻ വൽക്കൌ ഹിമാലായ അനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇവ കൈകെടുത്തുന്നത് ഇവനിക്കത് ആവശ്യമുണ്ടായില്ല വെദ്ധേ കൈയ്യെടുക്കുക കൂടുതൽ സംസാരിക്കാനുള്ള താല്പര്യം ഇനി അറിയേണ്ടത് വായിക്കണം അതിന്റെ അച്ഛൻ തന്ന് അച്ഛന് ഇന്നത്തുമായി തകാം ഇവ ഭക്ഷണത്തിന് ഒരു വറക്കത്തില്ലായ്മ സ്ഥലത്തിന് നേരമായ അല്ലാ തഹ ഇന്ദ്ര പെണ്ണ് അതായത് ഭാര്യ ഭർത്താവിനടുക്കിലടങ്ങി ജീവിക്കാൻ ഇരിക്കുക എപ്പോഴും പ്രശ്നം അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന് ഒരു ഒത്തൊരുമയിൽ കൊണ്ടുപോകാൻ കഴിയാതെ കണ്ടെപ്പോഴും പൊട്ടിച്ചീറിലുണ്ടെന്ന് അതിനകത്ത് എപ്പുതിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയില്ല എല്ലാ സ്ഥലത്തിലുണ്ടാകില്ല അട്ടക്കണ്ട മുതിമാക്കുറഹു നിന്റെ കൂട്ടുകാരൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അതായത് ബാലാളെ ബുദ്ധിക്കുന്നതിൽ ഓനിക്കൊരേ പ്രശ്നമില്ല ഓന്റെ വാർക്കുണ്ടോ പ്രവർത്തിക്കൊണ്ടോ അത്മ വിമാല ഐസൻ തൊക്കെ നിന്ന് ഇല്ലാത്ത കാര്യം വന്നിട്ട് പുകഴ്ചി ആഗ്രഹിക്കുക ഇവരിൽ സെങ്കിലും ആഹിബൂന അഹിമതോ വിമാനോ അതോ സംഗതി ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ വേറെ ആളെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പുകയത്തിനൊക്കെ ഉണ്ടാ എങ്കിൽ പുക പക്ഷെ മറ്റൊൻ കളക പറഞ്ഞത് ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാധ മുന്നൂറ് വർക്കാഴത്താണ് പായനക്കെയാണ് ചിത്രീന്ന് മറിയ സംഗതി ഒന്നുമില്ല പിന്നെ മുജാപകത്ത് കതിരുന്നി പാത്രത്തിന് തൊണ്ടിപ്പോക്ക് എന്നുവെച്ചാൽ ഏതൊരു കാര്യവും അതിലവിഞ്ഞ പോക്കല്ലേ മാത്രത്തെ നിറഞ്ഞ സാധനം പ്രത്യേക തുളുമ്പെന്ന് പറയില്ല അതിന് സ്ഥലെന്ന് പറയും അപ്പൊ ഇനി ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രകടമാക്കിയിട്ടാണല്ലോ തുളുമ്പി പോയത് പിന്നെ ആ ലിദ്രാവ് ഫൗക്കതാലിക്ക തക്കമ്പുറ ഇല്ലാത്തൊരു കാര്യം തക്കമ്പുറിന് വേണ്ടിട്ട് ബാധിക്കുക സ്ഥലപ്പിന്റെ ആനകളാൻ സലിഖ് എന്നുണ്ടാവും എന്ന് പറഞ്ഞ പരീക്ഷ പറഹ് മക്തർ അല്ലേ അതുപോലെയാണ് സ്ഥലഫ് വഹിച്ചത് പറഞ്ഞാതിന്റെ ഉപ്പായല്ലോ അതിപ്പോ ഫൈലാണ് അന്ന് പറയില്ലെങ്കിൽ ഇപ്പൊ ദിവസം വരാം ആ അത് വന്ന കതിറുപാടി കതിരൽ മാത്രുന്നു മഴ പെയ്യാതെ വെറു ഇടിയും മഴ പെയ്യാത്ത വെറും ഇടിയും ഒച്ചപ്പാടം മാത്രമുള്ള മഴ ഉണ്ടാവില്ല അപ്പൊ ഒത്തിരി മട്ടനി രൂപ എത്ര ഇടികളുണ്ട് എന്ന് പറയാനുണ്ട് എന്ന് പറഞ്ഞാലും വെറും വാതകളുണ്ടാവും പ്രവർത്തന ഉണ്ടാവില്ല വായിത്താ നല്ലവരുണ്ടാവില്ല അവിടെ പ്രവർത്തന രംഗത്ത് അവർ ഫലപ്രദങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല യുനറബോ ഇമൻ യഥവാലായക്കോതി ചില വാഗ്ദാനങ്ങളും നടത്തിൽ വെച്ച പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അവരൊക്കെ നിറത്തിൽ വരില്ല ഇതിനേ ഗുംബ ധരത്തിൽ തൻ്റെ ഇതാന്ന് പറയല് ഇടിമാത്ര മഴയില്ല ആ ഉലിൽ ബഹീനിൽ മുത്തമ്മേരി പണം കൂമാറും കൂട്ടിയിട്ട് ബഹീത്തരം കാട്ടുന്നാക്കും പറയും പേശണ്ടേറ്റാ കാര്യം ഒനക്കണ്ട ഉപകാരം പറയില്ലേ പിന്നെ ആ ഒരു തക്കസ്തു മുക്കിത്തീരി മധുഹനസ്ഥി വധാഹ എന്താ പോകും ഇതൊക്കെയാണ് അതിന്റെ വന പലപ്പോ വീണ്ടർത്ഥമുള്ള സാധനം അത് പിന്നെ വത്ത കയ്യൂണിന് വിൽഹൽക്കി പടപ്പ് കൽക്കുമ്പോൾ ചമഞ്ഞൊരിങ്കിലും പടപ്പുകളിൽ വരുമ്പോഴൊക്കെ കഴിഞ്ഞങ്ങൾ ചമ്മി ഓന ചമ്മിച്ച് ഹനത്ത് എന്ന് പറഞ്ഞാൽ ദീൻ പോയാലും തിരക്കുള്ള ദുഞ്ഞാവ് ശരിയാകാൻ വേണ്ടിയിട്ട് തോപ്പിടലിട്ടല്ല അതാണേത് മുദാഹനത്ത് മുദാഹനത്തും മുതാറാത്തും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് മുതാറാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വഭാവം ക്രമീകരിക്കാൻ അയാളെങ്ങനെ എന്തെല്ലാം ഒപ്പിച്ചൊപ്പിച്ചുകൊണ്ടപ്പോ മുതാറാത്ത് ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതിന് ദീനിന് കോട്ടമില്ല മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ ദീനിന് കോട്ടം വന്നാൽ തിരക്കുള്ള ദുഞ്ഞാവ് നടക്കണം അതിന് വേണ്ടിയിട്ട് തോപ്പിടുക ഓൻ പറഞ്ഞ എന്ത് ബാത്തിലുണ്ട് അതിനൊക്കെ ശരിവെച്ച് ഓനെ മെറിക്കാൻ ഇങ്ങനെ അട്ടിക്കുട്ടി വക്കെ ഊജിബ് വലിസ്റ്റിഹാൽ ഐബുകൾ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ അയബ് കൊണ്ട് ചുവലാവരി വകവാനൊരു ശ്രദ്ധിച്ച് മുന്നിൽ കൽബി കൽബിൽ നിന്ന് ഈ ദുഃഖഭാവം മാറിപ്പോണ്ടല്ലോ അപ്പൊ കൽബിന്റെ ഒരു ഞാൻ ിൽ ഹഷിയത്ത് മിൻഹു കൽബിൽ നിന്ന് ഹസിയത്ത് നിഞ്ഞിപ്പോക്ക് നഫ്സിന് എന്തെങ്കിലും ഒരു ദുല്ല് ഉണ്ടാകേണ്ടി എന്നാൽ നഫ്സിന് വേണ്ടി ജീവനെന്താക്കും കഠിനമായ ന്യായീകരണം കൊണ്ട് അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് പല ന്യായീകരണങ്ങൾ നിന്തിസാ എന്ന് പറഞ്ഞാൽ ഈ നഫ്സിന അനുകൂലിച്ചുകൊണ്ട് ന്യായീകരണം കണ്ടെത്തുക എന്നാൽ ഈ വെച്ചിട്ട് പിന്നെ ുറപ്പിൽ നിര ലിൻഹക്കി അതേപരത്തിൽ ഹക്കിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണം അയാൾക്ക് ഇവിടെ നായിഫുവാണ് വത്തികാദ് ഇഹ്വാനിൽ അനാരീയത്തിന് അല്ലെ അദാപത്തി ശരി ആരോടെങ്കിലും ഒരു രഹസ്യമായ അദാപത്തുണ്ട് നോക്കറാ അതിന് വേണ്ടി ആരെങ്കിലും കൂട്ടുപിടിച്ച് ഓന തച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടുകൂട്ടാനെന്താ മാർഗോ നമുക്ക് ഓന ഒന്ന് ഇരുത്തണം നമുക്ക് ആരെ കൂട്ടുപിടിക്കാം ഏത് ജോലിസിനെ കാണാം അയൽ സാരൻ കണ്ടിട്ടാണ് നമുക്ക് ഓരോന്ന് പക വെക്കാൻ നല്ലത് ഈ പകപോക്കാൻ വേണ്ടി ചിന്ത വളരെ പ്രതികാര ചിന്ത വല്ലം നിഖിലിമഹാനി സെൽബിമത്തിയ ഇവന് നൽകപ്പെട്ടത് ഊരപ്പെട്ടു പോകും എന്ന വിഷയത്തിൽ അന്നാനെ പേടിയില്ലെടുക്കല് അന്നയാ നൽകിയേനെ ഇവൻ നൽകിയത് കൊണ്ടായിരിക്കും നന്നേ എന്ന് പറഞ്ഞിട്ട് മടക്കിയേർക്കാൻ ആയി കയ്യും അവസ്ഥ അതിനെപ്പറ്റി പേടിയില്ല എന്താണെന്ന വിചാരം ഇവ ലിത്തിക്കാലി അലത്തോറ്റി അതുപോലെ ഇവരെന്തെങ്കിലും ഒരുപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം നേടിപ്പോയിരുന്നു നിനും പോകുന്നു നിന്നും ഇന്നും കിട്ടാനില്ല എല്ലാം സമാ പിന്നെന്താ പഠിക്കുണ്ട് അതിനുള്ള അത്തിക്കാലി മക്കിറ് ചതിയെല്ലാവർക്കും അറിയാം ഹിയാനത്ത് മുഹാദായ് മുഖാദായെന്ന് പറഞ്ഞ ബോർഡാള ഇടപാടിലൊക്കെ തോപ്പിക്കും ഇല്ലാത്തതൊന്ന് പ്രകടമാക്കിയിട്ടേ ചീത്തയായ സാധനം നല്ലതാണെന്ന് കാണിച്ചിരുന്നേക്കും അത് പൂരല്ലമൻ വ്യാമോഹങ്ങൾ അശുപത്ത് പലാലത്ത് പലാലത്ത് എന്ന് പറഞ്ഞാൽ കൽവിന്റെ ഒരു വിട്ടുവീഴ്ചയില്ലായ്മ സമത്തിലും സന്ന് ഏറെ ഉണ്ടാകൽ പ്രകടമാകലാണ് പന്ന കളി നൽകൽവിനല്ലാന്ന് ഉള്ളിൽ കൃപ്പില്ലായ്മയാണ് കളി നിൽക്കൽബിൻ പലാലത്ത് എന്ന് പറഞ്ഞാൽ പെരുമാറ്റത്തിൽ അത് വല്ലാണ്ട് പ്രകടമാകലാണ് പലാലത്തുണ്ടാകൽ പിന്നെ വൽപറക് വിദുഞ്ഞ ദുഞ്ഞാത് കൊണ്ട് വല്ലാത്ത സന്തോഷം വല്ല അസപ്പ് വരാ സവാസിയാ അത് വല്ലതും നഷ്ടപ്പെട്ടു പോയെങ്കിലോ തീരാത്ത ദുഃഖം എന്നാ വല്ലതും കിട്ടിയാ വല്ലാതെ സന്തോഷം പിന്നെ മുല്ല മഹനോക്കിൻ പടപ്പുകളെ കൊണ്ട് നല്ല ഗുസ്സാന്ന് പടപ്പുകൾ ഇങ്ങനെ ബഹളാളും പറഞ്ഞിരിക്കണം ഇങ്ങനെ ബർത്താളം വന്നു കൊറേ ഇളക്കിയിട്ട് സമയം കണ്ട് പോയി കിട്ടിയാ എന്താ സന്തോഷം ഏഹ് ടൈം പാസ്സാ എന്താ ഇപ്പൊ ഇപ്പൊ ടൈം ചെല്ലിങ്ങോണ്ട് പിന്നെ വൻ വഹശത്തൊരു ഇറാഖി മതത്തിന്റെ അച് അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്ത വഹശത്തിൽ ജപ്പാൻ എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലായ്മ സ്നേഹമില്ല പൈസ് എന്ന് പറഞ്ഞാലെന്താ നോക്ക് പൈസം വാഹിതൻസ് പറഞ്ഞാൽ റഹാബുല്ല അക്കൽ എന്തെങ്കിലും പ്രവർത്തിച്ചാലേ ബുദ്ധിപൂർവം അല്ലാണ്ടായി പോകാം ഇപ്പം വേറെന്തെല്ലോ വ്യാമോഹങ്ങൾ വെച്ചിട്ട് ബുദ്ധി ഒരു നിർദ്ദേശിക്കുന്നതല്ല ഇവിടെ നടത്തി വരുന്നത് ബൈസർക്ക് ചിന്തിക്കുക കുറച്ചാലോചിച്ചെങ്കിൽ ഈ അബദ്ധം പെട്ടിട്ടില്ലായിരുന്നു ജവാദ്സ്ഹമിന്റെ അതഫ ഒരമ്പ് എറിയുമ്പോൾ കുടിക്കൊള്ളാതെ തെറ്റിപ്പോകാണെന്ന് പറയും സൈസ് എന്ന് പറയാം അപ്പൊ ഇവരെന്തല്ലോ പ്ലാനിടുക ആ പ്ലാനൊന്നും ബൃന്ദോ തടിയാമോ വേറെന്തെങ്കിലും വ്യാമോഹങ്ങൾ കാരണത്താലാണ് പരിപാടിയിൽ നിന്നും അവ ബുദ്ധിപൂർവ്വം അല്ലാണ്ട് അത് <saw> േ പിന്നെ അജലത്ത് ഞാൻ എന്തിനും ബന്ധപ്പാട് അന്നാ കടത്തൊന്ന് കിട്ടേണ്ടത് കിട്ടേണ്ടായി പോകാനുള്ള കോഴി കൊണ്ട് ഭയങ്കരമായ അജലത്ത് അത് മലയാള ഭാഷയിൽ തന്നെ പറയുണ്ട് ഓൺ അജലത്ത് അല്ലം പിന്നെ വക്കില്ലത്തൊരു ഹയാൾ അതല്ല അറിയാല ലജ്ജ ഇല്ലായ്മ ഇങ്ങനെ ഒരുപാടുണ്ട് ഈ പറയപ്പെട്ടതും ഇതിന് തത്രുല്യമായ മറ്റ് സിപാത്തുൽ കൽവുകളൊക്കെ എന്താണ് മഹാരിത്തുൽ ഫവാഹിഷ് എല്ലാ മോശമായ കാര്യങ്ങളുടെയും വിളനിലമാണ്സെന്ന് പറഞ്ഞാൽ കൃഷി അല്ലെ പറ മഹാരിത്തു മനാബിത്തുൽ ലാൻമാലുൽ മഹനൂറ നീനിൽ വിരോധിക്കപ്പെട്ട പല കാര്യങ്ങളുടെയും കേന്ദ്രവും അതാണ് ഇതുകൊണ്ട് والاضدادهما اذا غير ينتடைيكم ولي الاخلاق المحموده முன்பு പറഞ്ഞ മഹമൂദായ അഖ്ലാഖുലാൻ അതോ മംബഅ തഹാതി വൽ ഖുർബാ എല്ലാവ വിപാടുരുടെയും എന്നാ താഅതിൻടിയും ഉറവിടം അതുമാണ് അവيه പറയപ്പെട്ടതന്നല്ല നിങ്ങൾ ചെയ്യേപടിയും മണം മറ്റെതെല്ലാം തൽസ്ഥാനത്തുുണ്ടായിപ്പോണം ഫ ഫൽ ഇൽമു ബിഹുദൂദി ഹാദിയിൽ ലമുർ ഈ പറഞ്ഞപ്പെട്ട കാര്യങ്ങളുടെ എല്ലാ നിർവചനം എന്താണത് എന്താ അതുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ അലാമത്തിൽമുൽ ഇതൊക്കെയാണ് ഇൽമുൽ ഇതെങ്കിലുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അതിന്റെ അലാമത്തെന്ത് അത് നീക്കേണ്ടതാണ് നീക്കാൻ എന്താണ് വകുപ്പ് നീക്കാനെന്ത് ചെയ്യണം ഇതെല്ലാം ഇൽമുല്ലാശ്രയിൽപ്പെട്ടതാണ് വാഹുവ പറന്നു അതിന് ഈ പത്ത് പത്ത്വ പ്രകാരം ഇത് പറന്നു അതിനാണ് തന്നെ നാളെ മോലാക്കന്മാരോട് ചോദിച്ചാലോ അതൊന്നും നമുക്ക് ജീവിക്കാൻ ഇല്ലാന്ന് പൽ മുഴരുന്നു ഹാലിക്കുൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെത്തു അവഗണിച്ച് ജീവിച്ചാലോ അവൻ ഹലാക്കായവനാണ് മലിക്കൽ മുലൂ എല്ലാ രാജാക്കന്മാരെയും വലിയ രാജാവ് ഉണ്ടല്ലോ ഒന്നാമത്തെ അവന്റെ ശിക്ഷൊണ്ട് ആ കിറയിൽ അവൻ ഹലാക്കാവുകയും ചെയ്തു ഏതുപോലെ നാഹിറായ അമാലുകളെ തൊട്ട് അവഗണിച്ച് ജീവിക്കുന്ന ഒരാള് ഹാരിക്ക് സലാസീനി ദുഞ്ഞ ദുഞ്ഞാവിനുള്ള സുൽത്താൻമാരുടെ വാളുകൊണ്ട് ചിലപ്പോൾ ഹലാക്കാവല്ല അനാരെ കൊല്ലാ പിത്തുകൊടുക്ക ഇവിടെ ഹാസിമാറ്റാരുണ്ടാവും ഒരു ഫീൻ ഉണ്ടാവും ദുഞ്ഞാവിന്റെ വസുക എടുക്കുന്ന ഫക്കീണ്ട അവലോചിച്ചു ആ അദ്ദേഹത്തിന്റെ ഹുക്കമ പ്രകാരം സുൽത്താൻ നന്ദും ബാളെടുക്കും ബാളെടുത്തിട്ട് അയാൾ ഹലാക്ക് എന്നതുപോലെയാണ് ഉണ്ടാവുക എവിടെയാണ് ഫുഹാ ഫുക്കീന്ന് തമ്മിൽ മാറ്റം വരുന്നത് ഫുഖായിന്റെ കാഴ്ചപ്പാടിന് ദുഞ്ഞാവിന്റെ സലാഹിലേക്ക് ചേർത്തിട്ട് പറഞ്ഞ അതിനായ കാര്യങ്ങൾ എന്താണോ അതായിരിക്കും ഓറ് പറയാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സലാഹു ലാഹദിലേക്ക് നോക്കി പറഞ്ഞതിനു ഇതാണ് രണ്ടാളീ പത്തു വ്യത്യാസങ്ങൾ ഈ പറയപ്പെട്ട മാനകൾ ഇപ്പൊട്ട ഏതെങ്കിലും ഒന്ന് പോയിട്ട് ഒരു സക്കീമിനോട് ചോദിച്ചാൽ അത് ഞാൻ പണ്ട് വയ്ക്കുന്നില്ലേ ഒന്നുകൊടുക്കാൻ ചോദിച്ചാലേ ഒന്നുകൊടുത്തിൽ പണ്ടോടത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കൂ നിക്കടി കണ്ടുപോയിച്ചാൽ നിക്കാരം കാണിച്ചുകൊടുക്കൂ ഡൊക്കു എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കും ഇതെല്ലാം ചോദിച്ച കൂട്ടത്തിൽ എനിക്ക് ഒന്നും കൂടെ അറിയാമല്ലോ ആ തവക്കൂലാക്കലൊന്ന് പറഞ്ഞാട്ടേന്ന് പറഞ്ഞാൽ അത് നമുക്കറിഞ്ഞോന്നു അത് എങ്ങനെയാണെന്നു പണിയില്ല എടുക്കുക എന്ന് ചിലത് പറയൂ ഉള്ള പണി ഒഴിവാക്കലാന്ന് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞിട്ട് പിന്നെ പേട്ട കഴിഞ്ഞ് നോക്കാന്ന് പറഞ്ഞു ആ തവക്കൂലാക്കലെങ്ങനെയാ കൂടെ അതറിയാല് അവിടുത്തെ അത് വർദ്ധിച്ചു കൊടുക്കാതിന് മൂർത്തയും കാണില്ല ഒരു സ്കൂളും കാണുന്നില്ല ി ഈ പറയപ്പെട്ട മാനയിൽ ഏതെങ്കിലും ഒതിനെപ്പറ്റി ചോദിക്കും ഒരു ഫക്കീവിനോട് ഹെത്താന കോട്ടെ ഇഹ്ലാസ് ആണല്ലെല്ലാത്തിന്റെ അടിക്കുന്നത് ബാക്കി താർ നിൽക്കട്ടെ ഇഹ്ലാസിനെ പറ്റി പോലും ചോദിച്ചാല് മഹനൻ ആ അനി തവക്കുനി അല്ലെങ്കിൽ തവക്കിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാം ആൺഹിൽ ഹെത്തനാദ് അനി ദിയാ അല്ലെ ജിയാത് വരാതിരിക്കാൻ ഞാനെന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചാല് തമക്ക ഫീഹി മൂക്കർക്കൊന്നും ഉത്തരം പറയാനുണ്ടാവില്ല ഇല്ലാതെ വരാതിരിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാടെ ഉത്തരം കൊടുക്കുന്നുണ്ടാവും ഏതോടൊപ്പം മാന്നവോ പിറന്നു വായിനീ അവന്റെ സ്വന്തം കാര്യത്തിൽ പോലും പുറന്തായിനാവും ഇത് ചോദിച്ചോണിക്ക് മാത്രമല്ല ചോദിക്കപ്പെട്ടോയ്ക്ക് പോലും പുറന്തായിനാവും അല്ലതീസി ഹിമാലി ഹനാക്ക് ഹോഫിൽ ആഹ്റ അത് ഉപേക്ഷിച്ചാൽ ആഹരത്തിൽ ഹനാക്ക് ആയിക്കോണ്ട് ചോദിച്ചോണപ്പോൾ തന്നെ ില്ല നേരെ മറിച്ച് വടവു സഹൽ സഹു എന്താനു പറഞ്ഞാല് ഭാര്യയും ഭർത്താവും തമ്മിൽ കോടതിയിൽ പോയിട്ട് ശമിച്ചിട്ട് പിരിയലുണ്ട് ഇല്ലേ അങ്ങോട്ടിങ്ങോട്ട് തിരയിച്ചി കോടതി തമ്മിൽ പ്രസിഡന്റ് ഒരു കാലത്ത് നിർക്കം കഴിയാത്ത സാഹചര്യം പറഞ്ഞാൽ എന്താ അതും ശമിച്ചിട്ട് പിരിയും പിന്നെ ഞാൻ വന്നാളെ അവർക്ക് മന്ത്രപ്പെടാൻ നിർത്തിയില്ല കേട്ടാനും പറ്റൂല അപ്പോൾ ഞാൻ ും അത് കലാത്തിന് മാത്രം ഒന്നും നടക്കില്ല അങ്ങനല്ലേ ലാൻ ചെയ്യപ്പെട്ട മുലാനായ മണ്ണി രണ്ടും കെട്ടിക്കൂടല്ല അതിന്റെ കേസി വച്ച മൂപ്പം നല്ല തടസ്സമായിട്ടൊക്കെ ഉപയോഗിച്ചു വരും ഇങ്ങനെ കണ്ടുവന്ന് അതുപോലെ വിഹാറ് അന്തിക ഹരി പറഞ്ഞിട്ടല്ല അതുപോലെ എന്ന് പറഞ്ഞാൽ ഓട്ടപ്പന്തലം റം്യെന്നാണ് അമ്പേറ്റ് എന്നാൽ അതിന് ആരറിഞ്ഞാൽ ആർക്കും ആരാ പൈസ വെക്കേണ്ടി പലിശ വാങ്ങാൻ പറ്റോ ഇങ്ങനെന്തെങ്കിലും മസാല ചോദിച്ചാൽ സർദാലും മുതല്ലതാത്തി മുതലാത്തതാ നീക്കം മുമ്പിൽ നേരത്തി വെച്ച് പറമ്പിക്കുന്നു ഇന്ന് ഇന്ന് ഇന്ന കി താബിലുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് പറയുന്നേ മിനി ആണീസ വളരെ നിഗൂഢമായ ഫുറിക്കാത്ത വരെ അദ്ദേഹത്തിന് അത് നേർത്താനുണ്ടാവും ഓലും കീലകളും അല്ല തീ തങ്ങളിതു അത് തീരുമ്പ തന്നെ കാലെടുത്തിരുന്നു വയസ്സ് വലായ അത്രത്തോടെ ഇവിടെ വല്ല ആവശ്യമുണ്ടും വണ്ടു ഇനി വഴിഹത്തീജ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ തന്നെയും ലം തകുലിൽ വലതു അമ്മ ഞൊക്കോ ആരെങ്കിലും നാട്ടിലും വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ എല്ലാരും കറഞ്ഞുകൊണ്ടൊന്നുമില്ല ആരെങ്കിലും ഒരാൾ നാട്ടിൽ ഹാദിയാകുള്ളില്ല വയക്ക സീ മോനുത്താമി ആ മറ്റോ ഉള്ളത് കാരണത്താൽ ഇവനിക്ക് അധ്വാനം കുഞ്ഞു കിട്ടി ചെയ്യുന്നു എന്നാ പല ഏകാളിത്താലം വനഹാറൻ രാവു പകൽ അതിലായിട്ടോന്റെ സമയം അങ്ങനെ കഷ്ടപ്പെടുന്ന കാണാം ഇത്താമുതാലേനോ അതക്കായ്ക്കെടുക്കലോ ഈ കോലെടുക്കൽ ഈയിലെടുക്കൽ ഇന്നും മാറിന്റെ കോലെന്താണ് മറ്റോ എന്താ പറഞ്ഞു ഓർ ഇങ്ങനെ എന്താ റബ്ബിലൊന്നും പറഞ്ഞിട്ട് ഈ സുറോയിട്ട് തന്നെ വക്കിപ്പതിന്റെ ആടം ആവുണ്ട ഫലായത്താല് എത്രപോന്റെ സീഹ പലായ താൻഡ് സീഹ അപ്പുറം വന്നിട്ടുണ്ടല്ലേ ആ അപ്പൊ സീഹ ഉണ്ടപ്പോ അത്തരത്തിൽ പിന്നോക്കിന്ന് അത്തുപ്പാക്കാം നദീനോടത്തെ ഹീ വെറുസി അത് മനപ്പാടമാക്കാനും അത് വെറുസു നടത്താനും പക്ഷെ അയ്യോ രാത്മാഹോ മൊഹിമ്മീ നീ സിദ്ധീൻല്ല എന്തിനേ വയ അഫു അവിടെ മാറുകയാണല്ലോ അത് വേണം വയകപ്പുല അമ്മാവ് മൊഹിമം ഫി നക്തി ഹി സിദ്ദീൻ അമ്മായി ശരിയാവും പലായക്കാൾ ആക്കൂ എന്നുള്ള ജിംലി തമ്മിൽ അത്രപ്പാക്കണ്ടേ ഈ വിഷയങ്ങളിൽ രാവും പകലും ഇത് കാണപ്പാടാക്കിയിട്ട് നേരം കളഞ്ഞു ആ ഹരിയാക്കണം വയകഫുത അമ്മാവ് മൊഹിമ്മും ഫി നക്തി ഹി സിദ്ദീൻ വീനിൽ അവന്റെ ലഫ്സിൽ തന്നെ അനിവാര്യമായ വളരെ മൊഹിമായ കാര്യങ്ങൾ തൊട്ട് കഫലത്തായിക്കൊണ്ട് തന്നെ അതൊരു ഭാഗത്ത് കഫലത്തിലായിപ്പോയി വൈദറൂജി അവനോടങ്കാ നിങ്ങൾ ചോദിക്കാൻ നിൽക്കുക എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത് ഇതിനകത്താണ് മൊഹിമായ പലത് ഞമ്മക്കില്ലേ എന്ന് ഓരോട് ചോദിച്ചാൽ ആല ഓർക്ക് പറയാനും ഞാനത് കൊണ്ട് സോലാവുന്നതിൽ മുദ്ദീൻ അത് ദീനിന്റെ എൽവിൽപ്പെട്ടതാണ് വന്ന് ഓ പറന്നു കിഫായ തീ പറന്ന് കിഫായും കൂടിയാവുന്നുണ്ടോ അപ്പൊ പറന്നായിരിക്കും ചാടിയിലേന്ന് വെച്ചപ്പൊന്നോച്ചൊന്നും പറയണ്ടാവില്ല പറന്ന് കിഫായ അതുകൊണ്ടാണ് അത് പഠിക്കുന്ന വിഷയത്തിൽ ഇവന്റെ സ്വന്തം നഫ്സിനെയും ഇവ തൽമീസാക്കി ഇത് രണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയും തൽമീസാക്കി ഇതിൽ പഠിച്ചാലേ പറ്റൂന്ന വിലക്കാൻ ബസ് ഇത് പഠിപ്പിച്ചാലേ പറ്റൂന്ന് അവനും പഠിച്ചാലേ പറ്റൂന്ന് ആരെയും ബോധ്യപ്പെടുത്തി വിദ്യാർത്ഥിനിയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇതിനകത്ത് സമയങ്ങളിൽ ഇപ്പൊ പണ്ടേ അമ്മ കൽപ്പിക്കൊണ്ടിരിക്കുന്നതിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട് ആവശ്യമില്ലാത്തിൽ കൊണ്ട വൽഫത്തിനു എന്ന വലിയ ബുദ്ധിമാനായ മനുഷ്യന്യമു അവനറിയുകയാണ് അന്നവലൗക്കാനു തീ പറി കിഫായം എന്ന ഒരു കടമുണ്ടല്ലോ ആ കടമ കൂട്ടാനാണ് ഇമ്മൻസി മരക്കണമെങ്കിൽ ഈ പറന്ന് കീഫായ എപ്പാ കൂട്ടേണ്ട പറന്ന അയിന് നടത്തിന് ശേഷമാണ് കത്തിപ്പില്ലേ ഇല്ല കന്ദ്ദമാണ് ഈ പറന്നൽ അയിൻ മുന്തിക്കണം എന്നിട്ടോ പറ കൂട്ടാൻ എഴുതിക്കണം എന്ന അതാണ് അതിന്റെ ന്യായം എന്ത് മാത്രമല്ല ഇതിനേക്കാണ് കടുപ്പം പറഞ്ഞ പുറന്നു കിഫായ വേറുണ്ടല്ലോ പറഞ്ഞു കിഫായ തന്നെ മൈദ്യത്തെ പരിപാലനം എന്താകും ഇതിനേക്കാളും കടുത്ത വരെ ഫർദി കിഫായല്ലേ അതിനെന്താണെന്ന് കണ്ടെടുക്കാത്ത എന്ന് മാത്രമല്ല കദ്മായ ഈ കട്ടീരമ്മ്യം ഫുറോനിൽ കിഫായ പർവികിഫായ പല കാര്യങ്ങളും ധാരാളം ഇതിനേക്കാളും മുന്തിക്കാൻ വേറിയും ബാക്കിയുണ്ട് അപ്പൊ പറ അയിനാദ്യം മുന്തിക്കുക പർവിക്കിഫായെ തന്നെ വളരെ മുന്തിക്കുക അനിവാര്യത കുറഞ്ഞതിനെ പിന്തിച്ചുകൊണ്ടപ്പോണം ഇതാ നമുക്ക് പക്കമ്മ്യം ബന്ധത്തിൻ എത്ര എത്ര നാളുണ്ട് രൈതീഹ സമീപൻ അവിടെ നല്ല ഡോക്ടർ ഇല്ല ഡോക്ടറിനെ ആശ്രയിക്കേണ്ട ആരെ എല്ലാം കുപ്പാറിനെ പിടിക്കണം ഈ കുപ്പാറാണെങ്കിൽ എന്തെല്ലാം ചതികളാണ് നീൽ ചെയ്തിട്ട് മുസ്ലിം നിങ്ങളെ വകവരുത്താനും ഓടാൻ നിശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നു ഓരോ തട്ടിക്കൊടുക്കാൻ പറ്റുമോ അപ്പോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മുമ്പ് നിമസം വൈതമെന്ന പറയാൻ നുമ്പോട്ടുന്നില്ല ആ സമയത്ത് ഞാൻ പിന്നെ ആലോചിച്ച് മൂപ്പർ പറഞ്ഞു വന്നതിൽ സിബും ഈ തരത്തിലുള്ള സിപ്പും സമമായിട്ടാണ് പോകുന്നതെന്ന് തന്നെയാണ് മൂപ്പറെ കൊണ്ടാകുന്നത് പക്ഷേ സിബിന് സിംബിന്റേതായ ഒരു രണ്ടാം സ്ഥാനമുണ്ട് സിബിന്റെ ഒന്നാം സ്ഥാനമുണ്ട് എന്താ നാട്ടില് ഒരൊറ്റ സമീപില്ല എല്ലാം ഇന്നഹരിഹത്തെ ഒന്നിക്ക് ജ്യോതനോ നത്താറാക്കിയ ആളല്ലാണ്ട് വല യജൂസ് എന്നാൽ ഓരോ സാക്ഷിപത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ വരണ്ടാ പറയുന്നത് നിൽക്കിച്ചുകൂടാകും എന്തിനകുമ്പോ പത്താളെ കൊണ്ട് നിൽക്കാരോഹിപ്പിക്കൂ എന്നുള്ള ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇമ്മ എന്തോക്കുമ്പോൾ നോമ്പ് വിടാന്ന് പറഞ്ഞു ഇന്ന് എത്ര ആളെ കൊണ്ട് നോമ്പ് വർദ്ധിക്കാം ഇസ്ലാമിന്റെ ഓരോ ചാനൽ ഇല്ലാണ്ടാക്കാൻ തീ മായാലും ഹക്കാമ്പുകളിൽ നിന്ന് ഡോക്ടർമാരുടെ അഭിപ്രായം മാനിക്കേണ്ടെന്ന ചില വിഷയങ്ങളുണ്ടാവും ഉദാഹരണത്തിന്റെ വെള്ളം തട്ടിക്കൂടാ എന്ന് പറയുന്ന ക്രൈമവുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ ചെലത്ത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അവരെ തേമൻ ചെയ്യേണ്ട വെക്കുമല്ലോ അതുപോലെ നോമ്പൊഴിക്കൽ വരും വിസ്കാര വഹിക്കൽ വരും ഇങ്ങനെ ചില വിഷയങ്ങൾ അത്തരം കാര്യങ്ങൾ ഇവന്റെ വാക്കാണെങ്കിൽ ദീനന്റെ വിഷയത്തിൽ സാഹചര്യത്തിനോട്ട് പറ്റൂല ഇതൊക്കെ സുമ്മലാ നരാഹര ഞെഷ്ടകളും എന്തുകൊണ്ടൊരാട് ഡോക്ടർ അക കമ്പടിയുടെ ഒരുക്കിടുന്നില്ല അങ്ങനത്തെ പ്രവർത്തിക്കുന്ന ബാക്കിയുണ്ടല്ലോ ആ അതിൽ കാരണം ഉറവ് അറിയുന്നത് അങ്ങനെ ഡോക്ടറായി നിന്നാലെന്താകുന്നറിയോ പൈസ കിട്ടൂല ന്യായമായി നിന്നു കഴിഞ്ഞാൽ പൈസ കിട്ടൂല ഇവന് കാവിലാകണം കോടതിയിൽ പോകണം ജഡ്ജാകണം അവിടെ വിധിക്കാൻ പോണം ഇങ്ങനെ വിധിക്കാൻ പോയി കഴിഞ്ഞാൽ ഫേസും ജാസും നല്ലോണം കിട്ടും ജസ്റ്റിസ് കോടതിയിലായി കോടതിയിലെ അയാളെ എംബുലൻസ് ഡോക്ടർ എന്ന് പറഞ്ഞ ആരോപണം മാനിക്കുക മോളില് ഇയാളെന്താക്കുന്നുണ്ട് ചാടി വീടുന്നുണ്ട് ലാസ് ചെയ്യമ്മ പ്രത്യേകിച്ചാൽ ഖിലാഫ് ചെയ്യാ തീപോ ജലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഖിലാഫുള്ള വിഷയം ഉണ്ടാവില്ല ഓരോ പാർട്ടി തമ്മിൽ ഖിലാഫുള്ള വിഷയത്തിലായിരിക്കുമെന്ന് സമസ്ത വിശ്വാസ പിന്നെന്താന്ന് പിന്നെ പെണ്ണുങ്ങൾ പോകണോ വേണ്ടിയോ പിന്നെ പടക്കം പൊട്ടിക്കണോ വേണ്ടിയോ എത്തിപ്പെട്ടാലെ വേണോ വേണ്ടിയോ ഇങ്ങനെ തർക്കങ്ങൾ അങ്ങനെ യോഗം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടാലോ വിദ്യാർത്ഥിൻ്റെ പുറമു തുണിയെടുത്തൊക്കെ പറഞ്ഞാൽ ആരൊക്കെ കുറച്ച് കിലാതിയാത്തു വേണം അങ്ങോട്ടേക്കൊണ്ട് കണ്ടം കൂടുന്ന കുറച്ച് വിജയമാണ് ഇച്ചാ തോക്കൽ ചെയ്തിട്ട് തീരുമാനം ചെയ്യും വാൽ പലതും അച്സോനും ഹാൽ ഞാൻ നാട്ടിലാണെങ്കിൽ എത്ര എത്ര ഭഹിമാക്കൊണ്ട് നടക്കപ്പെട്ടിരിക്കുകയാണ് പിന്നെ തിരിങ്ങനെ ഇനിയും മെനക്കിടുന്നു ഡോക്ടർ ഇല്ലാണ്ടിടുന്നു അയലുന്നുണ്ട് ബിമഞ്ചകളും വിൽഫത്തു അവൽ ജവാബി അനിൽവക്കായി സംഭവിക്കുന്ന ഓരോ സംഭവങ്ങൾക്ക് മറുപടി കൊടുക്കാനും പസുഖം കൊടുക്കാനും ഇവിടെ മനുക്കരുത് എത്ര പാടാളുണ്ടെ فليت شري كيف يرخص فقهاء الدين في الاستغاله بفرض كفايه جماعه ಅ RNA ತರಕದಲ್ಲಿದರನು ಧೀನ್ന്‍റെ ഫുഖഹാകൾ എങ്ങനയാണ് വിട്ടുവിട്ട് കിടുക എന്ദിൽ ഫിസ്തിഗാല ബി ഫർദ് കിഫായത്ത് ഒരു ഫർദ് കിഫായ കൊണ്ട് എർപ്പെടുന്നു എന്ന് വെറും പറഞ്ഞിക്ക് എങ്ങట ഫർദ് കിഫായ ഖദകമ ബി ജമാഅത്തുൻ ഒരു സംഘം ആടുണ്ട് ಅದೊಂದುเจരിക്ക നിലം പറ്റണ്ട് ഇല്ലായിבודില്ല എന്തൊക്കെ പിന്നെ വെറുതെ കിഫായി ഫായെന്നാണ് എങ്ങനെ വിട്ടുവെച്ചു കൊടുക്കുക ഓഹ്മാര് മാല കായ്മ ബിഹി ഒരാളും ഇല്ലാതെ കണ്ടു ഉപേക്ഷിക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു അവിടെ ആരുമില്ലാന്ന് നിർത്തിക്കുന്നു ഇതെങ്ങനെയാണ് സംബന്ധിച്ചു കൊടുക്കുക ഇത് ഡോക്ടർമാരെ പോലെ ഹല്ലേ ഇല്ല കുറച്ച് പ്രസ്ഥാനം ചുരുക്കം ഞങ്ങൾ എന്തിനായി പറഞ്ഞിട്ടില്ല കാര്യം ഇതൊന്നും സാധനമില്ലാണ്ട് നമ്മുടെ കാര്യം നടക്കുന്നുണ്ടല്ലോ ഇത് വെച്ചിട്ടുമില്ല പറയലുമില്ല ഒന്നോ രണ്ടാമത്തെ പറയുമ്പോൾ അപ്പോൾ ഇവിടെ നോക്കാൻ ആരും ആളില്ലാതെ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട പുറത്ത് കിഫായി ഒരു ഭാഗത്തുണ്ട് ധാരാളം ആളുകൾ നിലനിന്നു പോകുന്ന പുറത്ത് ഇഫായിയുമുണ്ട് അപ്പൊ ആ ചാട് പറ്റ ചാടി ആവശ്യമില്ലാത്തതിനുണ്ട് മാറിക്കെട്ടുന്നതിന് എന്താണ് ഇവിടെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അധികാരം എന്ന് ചോദിക്കുന്നത് ഒരു കാരണമുണ്ട് ഹല്ലിഹാദ സബുൻ ഇതിന് വല്ല കാരണമുണ്ടാ ഇല്ല അന്ന സിബലൈസുൽ ഇല ഇല ഈ സിബ് പഠിച്ചാലുണ്ടല്ല എളുപ്പത്തിൽ ചെന്ന് ചേരാൻ കഴിയുമല്ലോ ഇതിനാ തവലില്ല അവക്കപ്പ സ്വത്തുകൾക്കെല്ലാം അധികാരം ഏറ്റെടുക്കാൻ ഉണ്ടാവൂലോ ഡോക്ടർ ആരും വിളിച്ചില്ല ഓർഡർ ക്ലിനിക്കിൽ നോക്കിയിട്ട് പോയാലും ബച്ചിരി ഇങ്ങനെ ഇരിക്കേണ്ടി വരും മറ്റേതോ ഓരോരുത്തർക്ക് അട്ടിപ്പാത്രത്തിൽ ചോറും മറ്റേ തൂക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടാന്ന് താമസ സൗകര്യം മഹല്ല് ഏഹ് ഉപാതല്ലാത്ത കൊണ്ടു ഇനിയും ചെലവുണ്ടാ ഡോക്ടർ ആ അവിടെ കൊടുക്കേണ്ടത് ശ്രദ്ധിയിരിക്കോ ഇത് പഠിച്ചാൽ ചെലവില്ലാതെ കണ്ട് ടാക്സ് അടക്കാതെ കണ്ട് സംഗതിയെല്ലാം നടന്നു പോകുന്നുണ്ട് തിരിയുന്നുണ്ട് അല്ല അവ കച്ചവടം വൽ വസായ അതുപോലെ വസീ ചെയ്യപ്പെട്ട സ്വത്തുക്കൾ വയ്യാതത്തെ മാലിൽ അയറ്റാം സ്വത്ത് ഇങ്ങനെ ഒരുമിച്ച് വിട്ടലാ അതിന്റെ മേധാവി ആകണി വക്കല്ലുതിൽ കലാൽ അതുപോലെ ക്ലാളിപ്പൊട്ടം എന്നുള്ളത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണി വൽ ഹുക്കൂമത്തി അതുപോലെ തന്നെ ഹുക്കൂമത്തില്ലേ കോടതിയിലെ കൽപ്പന വസ്ത്ര കത്തുമാനുള്ള അക്രാൻ അപ്പോൾ അവന്റെ സമകാലികന്മാരായ ആളുകൾ ഉണ്ടാവുന്നത് അക്രാനിംഗങ്ങൾ അവരേക്കാൾ ഓരാരാണ് ഓർ കാലാഖ്യാനങ്ങളെ ഓർന്നോട്ട് ആളുകൾ ഇരിക്കുന്ന ആളാണ് ഓർ ഡോക്ടറാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ സ്ഥാനം കൊടുക്കും എന്ന് വെച്ചാൽ വസ്തക്കല്ലത്ത് ബിഹാനുള്ള ആയുധ അതുപോലെ ആയതാക്കൾക്കെതിരെ ഇവർക്ക് ഒരു അധികാരം നേടിയെടുക്കാനൊക്കെ സാധിക്കണെങ്കിൽ പല ഇൽമകളും ഇവിടെ കെട്ടടങ്ങി പോയിരിക്കുകയാണ് ഈ തൽബീസിൽ സ്വലമായിട്ടു തീർച്ചയായ മൈലയാക്കം മാറപ്പല തൽബീസാത്ത ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള കുറെ ഇൽമന്തായി ഇവിടെ മൂലക്കിടക്കുക ഇല്ലാത്തതിനുള്ള വളർച്ച കിട്ടിപ്പോയിരിക്കുന്നു ഫ അല്ലാഹു തആല മുസ്തഹാൻ അല്ലാഹു നമുക്ക് സഹത്തിനെ തണാ വൈദ ഇൽ മആലാദു നീന്ദ്രതീ അൻവയ്ദ നാമിൻ ഹാബൽ ഖുറൂ ഇത്രത്തുള്ള ഖുറൂൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു നമുക്ക് കബേം പ്രാപിക്കുകയാണ് കൊണ്ടക്തറ അൽ അസീർ റഹ്മാന വബഹിക്ക സൈതാ റഹ്മാനായ അല്ലാഹുനെ ദേഷമ്പടി ചെയ്യും ശൈത്താനിക ചിത്രിക്കാൻവകണ്ടായി കൊടുക്കുന്ന അവസ്ഥ ഇതുങ്ങണ്ടായിത്തു നിന്നല്ലോ ഇതു കൊണ്ട് നമ്മ അല്ലാഹുവിന്റെ കാബ എന്ന കേടാന്ന ചതയുണ്ടല്ല അത് ഇരിക്കാൻ തന്നിട്ട് ഇനി നമുക്ക് പുറത്തേക്ക് ആലോചിച്ച് നോക്കി ഇവിടെ ബഡ്കളെ വർത്തിക്കുന്നു വേണ്ടാതെ വർത്തിക്കുന്നു ബേഡിനെ എത്രത്തോളം ശബ്ദം ചെലുത്തിയിട്ടുണ്ട് എന്ന് ജനഗണ എന്നുള്ളത് അതിന്റെ ചെറുത്തൊപ്പിച്ചിട്ട് ഒറ്റ പൊറിപ്പിച്ചെല്ലാം എല്ലാം ഭയങ്കരമായിട്ട് ഓടിക്കണോ ഭയങ്കര ചെല്ലുണ്ടല്ലേ ആ പാത്തിനെയോ ബാങ് പാതിട്ട് ചർത്ത് പാഠപ്പിക്കുന്നു ചിലടങ്ങാ അതെന്താ കോക്കി കുടിച്ചാലും എന്തോ കോക്കി കുടിച്ചാലോ ബാങ്ക് വാങ്ങായി ജനഗണ അതിന്റെ ആ തരുവീതും അതിന്റെ മഹർജും അതിനെന്തെല്ലാം നോക്കിക്കാനുള്ള അതിന് പ്രത്യേക ചെയ്തയിലുണ്ട് അതിന് വേണ്ടയോ ഇതെല്ലോ പുരാഹിരുടെ എന്താ ചെയ്തറിയോലോ ബാധിയായ എൽമ കിട്ടിയ ബലി സൂക്ഷിയാക്കലുണ്ടല്ലോ അവരുടെ സമ്മതിച്ചുകൊണ്ട് ഓരോരുത്തും ഒരു ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു ലാഹിറായ എൽമിൽ ഇവരാക്കിയ വലിയ വേതനം അനമ്മ അബുദാബി ഫയമ കണ്ടില്ല അബ്ദുൽ ഹമീദൊക്കെ വന്നിട്ട് കിടന്ന് ഷെയ്ഖ് അലിയൊക്കെ കാൽമെല്ലാം അല്ലേ കിട്ടാവുന്നു അതിനോക്കെ നോക്കിയല്ല ലാഹിറായ എൽമ നല്ല വറയിന്റെ ഹരികാലുണ്ടാക്കും ബാത്തിന് ഞാൻ ഒനെ പതില് സമ്മതിച്ചു കൊടുക്കും അത് കാരണം പറയാ കാനല്ലി മാമു ഷാഫി ഹൃദിയന്താന്ന് ബാഹുറായും ബാസിൽ ഒരു വലിയ ആളല്ലേ പക്ഷെ പ്രസിദ്ധി എങ്ങനെയാണ് നൂപ്പർ ഹെജിബാനിറായി ഷൈബാനുറായിന്റെ അടുക്ക പോയി ചോദിച്ചു ആര് ഷാഫി മാമു ഷൈബാനുറായി എന്ന് പറഞ്ഞാൽ പൊതുവെ ആശ്രയിം വഹിക്കുന്ന ഒരു ഏത് പോലെ ഇരിക്കുന്നല്ലോ കമാബിഫ് ഫിൽമസ്തബി ചെറിയ കുട്ടികൾ പോയിട്ട് മദ്രസയിൽ സ്കൂളൊക്കെ പോയാൽ ഇരിക്കുന്ന പോലെ ഷാഫി മാമ പോയിട്ട് അവിടെ ഇരിക്കുന്നു ഷൈബാനുർ റായിന്റെ മദ്രസിൽ പോയിട്ടിരിക്കുകയാണ് അലുഹു വന്നിട്ട് ഓരോടും ചോദിക്കും കഥാവ കഥ ഇന്നാ ഇന്ന കാര്യങ്ങളിൽ എന്താ ഞാൻ ചെയ്യേണ്ട മസ്താരെങ്ങനെയാന്നൊക്കെ ഷാഫി മാമരോട് നിൽക്കുന്നു ഫിൽമിന്റെ വിഷയത്തിൽ ഷെയ്ബാനുർ റായിനെയും ഷാഫി മാമിനെ തോക്കിയാൽ ആരാണെന്ന് മിരിയാളും പക്ഷെ ഓർക്ക് ബാത്തിനായ ഇരുമിന്റെ വിഷയത്തിൽ വലിയ ദസരുള്ള കൊണ്ടാന്ന് അവർ അങ്ങനെ ആയി മാറിയത് അപ്പൊക്കാരില്ലോ അപ്പൊ ഷാഫിമാമിനോട് ചിലർ ചോദിക്കുന്നുണ്ടെന്നില്ല മിശ്രക്ക് എസ്വന ഹാദൽ ഭഗവീയ്യ ഈ മലച്ചെറി താമസിക്കുന്ന ഇയാളോട് നിങ്ങളെപ്പോട്ടൊ ചോദിക്കുന്നു ഷാഫിമാമിനോട് ചോദിക്കുന്നു നിങ്ങളെ പോട്ട് വലിയ വലിയ ആളും വന്നിട്ട് ഈ ആട്ടിനെ വിൽക്കുന്ന ചെണ്ണയിൽ നിന്നും നമ്മളെ പക്കൻ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങൾക്കും ഇവർക്ക് വലിയ സോഫിയൊക്കെ ലഭിക്കപ്പെട്ടവരും ആനായ വ്യക്തിയാവുന്നു എന്നാണ് അരു പറയുക അധ പിന്റെ വാർ ഇമാമിനെടുക്കാം وكان احمد بن حنبل رضي الله عنه ايدنه ويحيى بن معين وهو محدثينเด വലിയ ഗ്രണ്ടിണ്ടെ യഖ്തിഫാനി രണ്ടാളും മാരിമാരി പോകും ഇലാ മാറൂഫിൽ ഖർഖീ മാറൂഫിൽ ഖർഖീ ഇമാമിന്റെ അടുക്കേക്ക് പോകും ജരീദ് മഗ്ദദി തങ്ങളെ മുൻബ ആറബിൽ സരീഫത്തി ആറ മുൻബനാരി റബഉൽ ഖർഖീ എത്രത്തിൻ വറം യകുൻ മാറൂഫുൽ ഖർഖീ ആയിരുന്നില്ല ഇൽമില്ലാഹിലേ لاهراء علماء لا إذن الله بمنزلتهما أحمد بن عبالتن قرمو عليهم يحيب بن معين نبو عليهم عز الله يحيب بن عبالتن قرمو وكان يسأل عليه رندار ما هو رباله وصلين شويته والشيء هذا وكيف ينجي نحوركا ذلك وقد قال رسول الله صلى الله عليه وسلم برنه لما قيل له هذا തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ കിതാബിലോ സുന്നത്തിലോ വന്നിട്ടില്ലാത്ത ഒരു പ്രശ്നം എന്തായി നമ്മളെ മുമ്പിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നോട് ചോദിച്ചറിയാമോ ഓരോരുടെ കാര്യം മറുപടി ഉണ്ടാവുന്ന നിഷാബില സുനത്തിനോ അത് നാഹിറായ്മിന്റെ ബൈസിൽ കൂടി പോകുന്നു ബൊരുത്ത നിങ്ങൾക്ക് പോട്ടോ അതിലെന്തൊരു മസാല കിട്ടുന്നില്ലെങ്കിൽ ആരോടും കിട്ടണം എന്ന് അറിയുന്നത് സാലിഹ്യോട് വിശ്വചിത്തരം കിട്ടുന്നു എന്നിട്ട് സാലിഹീകളെ നിങ്ങളാക്കണം വജാരൂഹം ആ വിശയത്തിന് ഞാൻ തിരിയാത്തൊരു അമ്രൻ ഉണ്ടല്ലോ അത് അമ്രനാക്കണം ഷൂറാ ബൈനഹും സാലിഹ്യങ്ങള ഡെയിലി ഒരു മസാല പ്രശ്നമാക്കി അവർ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചോട്ടെ ഇതുകൊണ്ടാണ് കീര പറയപ്പെട്ടത് ഉലമാ ഉല്ലാഹരി വൽമുൽ നാഹിതായ വലമാക്കൾ ആരാണ് ഭൂമിക്കും ജാലമുൽമുൽക്കിനും അവർ ഭംഗിയാണ് ഉലമാ ഉൽബാത്തിന് സീനത്തു സമാ ഇവൽമറക്കൂ ആകാശത്തിനും ഉന്നതി ഉപരി ലോകത്തിനും സീനത്താണ് അരി ഉലമാവുൽ ബാത്ത് എന്നവർ അവർ ആകാശത്തിലാണ് ഇവർ ഭൂമിയിലാണോ وقال الجنيد رضي الله عنه പറയുന്നു قال لي سريو എന്നോട് സരീ പറഞ്ഞു ара സരീയ шейഖി എന്ന് ഉത്തലം സരീ പറഞ്ഞു ودي എന്ന് വായിക്കുമോളുമായി거든요 സദീന എന്ന് വല്ലായിട്ടും സരീ അപ്പോൾ എന്റെ шейഖ ആയ സരീ എന്നോട് പറഞ്ഞു യൗമ ഇദാ കുംതം എന്നнди ഫബന്തു ജാലിസൂന араഗൈകുന സരീ അരുടെ الجنيد നങ്ങള് ചോദിക്കും എന്നെ പിരിഞ്ഞ ശേഷം നീ എവിടെയാ പോയി ഇരിക്കുവടോ എന്ന് ഞാൻ പറഞ്ഞാൽ മൊഹാസിബിൻ അടുത്ത് പോയിരിക്കാം മഹാസിബിൻ വലിയ സൂപ്പിയാന്ന് സക്കാൽ അപ്പൊ മൂപ്പർ ചെടി വെച്ച് ഞാൻ തരക്കെടുന്നില്ല നല്ലതന്നെ ഓറെ ഇൽമിൽ നിന്ന് പഠിച്ചോ അതിനിഹീന ഇതിലേ അതാ എന്താ പറയുന്നത് അവരെ ഇൽമിൽ നിന്ന് മതബിൽ നിന്നും നീ വേണ്ട പോലെ എന്ന് പറഞ്ഞു പക്ഷെ ഒരു ഒസീത്തിന്റെ അങ്ക മൂപ്പറത്ത് കലാമിനെ കുറച്ച് ശക്തി കൂട്ടി പറയുന്നുണ്ടായിരിക്കും മഹാസിപ്പിക്കും അത് സ്വീകരിക്കും വേണ്ടത് എന്തായാലും എതിരി കക്ഷിയെല്ലാം വന്നാൽ മൂപ്പറബ് അല്ലാതെ വാചാരമായി സംസാരിച്ചിട്ടുണ്ടാക്കും വേറെ അനുഭവിച്ചിരുത്തിക്കും മഹാസിപ്പിക്കുന്നുണ്ട് അതേ അതെന്താ കഷ്മി കൊൽകലാം എന്ന് പറഞ്ഞതാണ് അർത്ഥം കലാമാർ കലാമിനെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പറത്ത് അവതരിപ്പിച്ചിട്ടുണ്ടാക്കും അതിനാ അത് നീ പഠിക്കാൻ നിൽക്കണ്ട അത് വേറെ ശീലം നീ പഠിക്കോട്ടെ അവരെ ഇൽമുംതും നീ പഠിച്ചോളാം മുത്തക്കല്ലിമീൻ അതായത് മുത്തക്കല്ലി മീനങ്ങൾക്കെതിരെ മൂപ്പറ ആ റദ്ദിയിൽ പറയുന്നുണ്ടല്ലോ അതും നീ ഒരു കുട്ടി അത് സ്വീകരിക്കാൻ നിൽക്കണ്ട അപ്പൊ ഹാസിമയ്ക്ക് രണ്ടു വശമുണ്ടെന്ന് ഒന്ന് മാഹിറ ഇൽമന്റെ ഒരു വശമുണ്ട് മതപ്രതിഭാദത്തിനെ മറ്റൊക്കെ കയറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശൈലി വേറെ ഉണ്ട് സൂഫിയെന്നുള്ളവർക്ക് വേറെ വശമുണ്ട് അത് നീ എടുക്കാൻ മറ്റിയെടുക്കണ്ടെന്ന് പറഞ്ഞു സുമ്മലൈത്തു ഏ പിന്നെ ഞാനവിടുന്ന് പിരിഞ്ഞു പോയപ്പോൾ അങ്ങൾ പറയുന്ന ഞാൻ കേൾക്കുന്നു എന്നാണ് സൂഫിയായ സാഹിബ് ഹദീസ അള്ളാഹുത്തറ നിന്നാക്കട്ടെ നല്ലാണ്ട് സാഹിബ് ഹദീഫായിട്ട് സൂഫിയാക്കണ്ട അപ്പൊ ഏതാകണം ആദ്യം സൂഫിയാകണം അതിന്റെ പിന്നെ ബാക്കിയെല്ലാം രംഗത്തും വന്നാൽ മതിയെന്ന മൂപ്പർ ദുവാൽ വന്നത് صاحب حديث صوفي هل تخبرت صوفي هل تخبرت صوفي صاحب حديث صوفي وليس ولا جالك صوفي مكة مكة أشار إلا أن من حصل الحديث والإلم ثم تصوّفا آذيام حديثم إلم تقرصم آكيت في النير صوفي آره അതാണ് അഫ്ലഹ വാനിക്കാണ് വിജയം അപ്പൊ അന്തിമന്തായി സൂഫിയത്തിലേക്ക് എത്തി പഠിക്കുന്നതിന് സോഫി കോലം കെട്ടിയാൽ അപകടത്തിൽ ചാടൂന്നു പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിന്നെ ഹുത്താന സൂഫിയാക്കട്ടെ എന്നല്ലേ ഇനി ഒരു ചോദ്യം അതിനുള്ള ഉത്തരം